गीता, ശ്രീ ഭഗവത്ഗീത ഒമ്പത്തി ഒന്ന് കർമ്മജന്മുദ്ധി ഫലം തയ്ക്കുവനീഷന്മഗ്രന്ഥ വിനർമത്ത പദം വെച്ചാണ് മായി വ്യാഖ്യാനിക്കണം ബുദ്ധിയോഗയുക്ത ബുദ്ധിയോഗത്തെ കുറിച്ച് നേരത്തെ കുറച്ച് സമത്വം അങ്ങനെയുള്ള ബുദ്ധിയോഗത്തോടു ബുദ്ധിയുക്ത കർമ്മജം ഫലത്തിനോട് അനുഭവിക്കണം കർമ്മജം ഫലം കർമ്മത്തിൽ ഉണ്ടായ ഫലം തത്വ ഉപേക്ഷിച്ചിട്ട് മനീഷ്ണ ജ്ഞാനികൾ അതവിടെ വ്യാഖ്യാനിച്ചല്ല എന്നും മനസ്സിലാക്കുന്നു മനീഷ്ണ ബുദ്ധിയുക്ത കർമ്മജം ബലം തെക്കുക എന്നല്ലേ ജ്ഞാനികൾ ബുദ്ധിയോഗമുള്ളവരായി കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ത്യജിച്ച് മാനുരാജന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കർമ്മജമായ ഫലത്തെ തിരിച്ചുന്നതിനാണ് ശങ്കരാചാര്യർ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കർമ്മത്തിൽ തിരിച്ചുന്നതിനാണ് പ്രാധാന്യം ഇതിലേതാണ് കൂടുതൽ യോജിക്കുന്നതാണ് കാരണം ഇന്ത്യയിലെ നിരന്തരം ഉപദേശിക്കുന്നത് കർമ്മ ചെയ്യൂ മാതേ സംക്ലസ്ഥകർമ്മ കർമ്മ ചെയ്യൂ എന്നുള്ള പിന്നെ ഫലത്യാഗത്തെക്കുറിച്ച് പ്രത്യേകം കരുതുന്നത് ഇവിടെ ഫലം ഉപേക്ഷിച്ചിട്ട് എന്നെ പറ്റെന്ന് പറയുന്നത് മാനസികമായ ത്യാവും പതിനെട്ടാം അധ്യായത്തിൽ അർജുനൻ വീണ്ടും എടുത്തു ചോദിക്കും പറയുന്ന ഫലം ഉപേക്ഷിക്കും കർമ്മത്തെ ഉപേക്ഷിച്ച് എന്താണ് തമസ് പോലെയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കാനേ പാടി മരണം യുദ്ധത്തെക്കുറിച്ച് പോലും അർജുനോട് പറയുന്നതും ഉപേക്ഷിക്കാം ഉപേക്ഷിക്കുന്നതെന്നുള്ള ഉപേക്ഷിക്കാം പറഞ്ഞു തന്നെ കേട്ടത് ഇനി എന്റെ ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ പറയുന്നു കേട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം മോശം രണ്ടും അവിടെ ചെയ്യാൻ നിർബന്ധിക്കാൻ യുദ്ധം ക്ഷത്രിയുടെ സ്വത്വമോ ഒന്നും അതിൽ നിന്ന് മാറാൻ പറ്റില്ല ഇതൊന്നും ആവർത്തിച്ചാ വച്ചിട്ടുണ്ട് കർമ്മത്തെ കർമ്മഫലത്തെയാവുന്നില്ല പ്രത്യേകിച്ച് പറയുന്നു ഇവിടെ അർജുനൻ കർമ്മം ത്യജിക്കേണ്ട കാര്യമില്ല കർമ്മഫലത്തെ ത്യജിച്ചാൽ മതി ശങ്കരാചാര്യൻ ഇതനെയും സങ്കരായ പറയുന്നു കർമ്മം ത്യജിക്കരുതെന്ന് എന്തുകൊണ്ട് അർജുനോട് പറഞ്ഞു അർജുന ക്ഷത്രിയനായി അവിടെ സങ്കര ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണനാണെങ്കിൽ കർമ്മം ദേശിക്കും ഫലം തെജിക്കും ക്ഷത്രി ഫലം കർമ്മം തേജ സങ്കരത്തിൽ വെച്ച് ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ യജ്ഞദാനത്തെ ബസ്സുകൾ അതൊക്കെ ബ്രാഹ്മണൻ ചെയ്യുന്നതാണ് അവിടെ ശങ്കരെന്ന് പറയുന്നത് ബ്രാഹ്മണനാകും ഉപേക്ഷിക്കും ബസ്സുകളും ഉപേക്ഷിക്കും സർവകർമ്മ സന്യാസ രാമാനുചാരിൻ പറയുന്നത് എന്താണ് ഭഗവാൻ തന്നെ പറഞ്ഞതിൽ അപേക്ഷിക്കണ്ടാവും വിനോദത്തെ അപേക്ഷിച്ചു രണ്ടെ വ്യത്യാസം മറ്റേ ജാതിഭേദം അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് അത് രണ്ടുപേരും അവർക്കായിരിക്കും അവർക്കായ വ്യത്യാസം പക്ഷേ രാമാനുജാജാൽ കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് ഫലത്തെ ഉപേക്ഷിക്കുന്നു കാരണം ഇവിടെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു കർമ്മജം ഫലം തെക്കുവാകും കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ഉപേക്ഷിച്ചിട്ട് കർമ്മക്കുറവന്ത അവരുടെ പ്രത്യേക എടുത്ത് പറയുന്നു ഫലത്തെ തെച്ചിട്ട് കർമ്മം ചെയ്യുന്നവരായി തസ്മാ അതുകൊണ്ട് ജന്മബന്ധം വിനർമുക്ത ജന്മബന്ധം ജന്മനാബന്ധം അല്ലെങ്കിൽ ജന്മീവ ബന്ധം അതാണ് സുന്ദരായിരുന്നത് ജന്മം തന്നെ ബന്ധം ജനിക്കുന്നത് തന്നെയാണ് സംസാരം അപ്പൊ ജന്മം തന്നെ ബന്ധം മോക്ഷശാസ്ത്രം ഉണ്ട് അതുകൊണ്ടത് ജന്മബന്ധ വിനർമുക്തം എന്ന് പറയുമ്പോൾ മോക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത് അത് ജന്മബന്ധ വിനർമുക്ത അനാമയമുള്ളത് അനാമയും പദം മോക്ഷം എന്നാണ് ചങ്കുതാരൻ പറയുന്നത് രാമാനുചാരി മോക്ഷം തന്നെ പറയുന്നു പക്ഷെ രണ്ടുപേരുടെ മോക്ഷം പേരെ വരെ അങ്ങനെയുള്ള വ്യാഖ്യാനും അനാമയും പദം സ്ഥാനവിശേഷമാകാം അതെങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം ഒന്നേയും വൈകുന്തമായിട്ടെടുക്കാം അതാണ് പിന്നെ പരമപ്രാപ്തിയും പരമാത്മസ്വരൂപം അതിനെയും പറയാം ഇവിടെയും പരമാത്മപ്രാപ്തിയെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ കൃത്യമായി രാമാനുരാജയങ്ങളെ വിശദീകരിക്കുന്നുണ്ട് നേരെ അവിടെ ചെന്നിട്ട് വൈകുണ്ടത്തിൽ ചെന്നിട്ട് ശ്രീമൻ നാരായണനിലിരിക്കുന്ന ഒരു പര്യങ്കം എന്ന് പറഞ്ഞ ഒരു ഈ പോകുന്ന ജീവൻ മുക്തനായ ജീവനിൽ പോയി ആ കട്ടിലയറിയിരിക്കുന്നു എന്നാണ് കട്ടലിൽ കയറി ഇരിക്കുമ്പോ നാരായണൻ അയാളെ പിടിച്ചും മടിയിൽ ഇരുത്തുന്നു അതാണ് എന്തത് പരമപ്രാപ്യമായ പരമാത്മസ്വരും അതൊരു വ്യത്യാസമുണ്ട് ഒന്നാവത്തില്ല രണ്ടും പേരെ വരെ അങ്ങനെ പറയുന്നത് ഒന്നാണ് അതുകൊണ്ട് ഈ പോക്കും മരുവുമില്ല അല്ലെങ്കിൽ പിന്നെ വേറൊർത്ഥം കൂടെ പറയാം ബ്രഹ്മപര്യന്ത ജീവസ്വരൂപം ബ്രഹ്മപര്യന്ത ജീവസ്വരൂപം എന്ന് വെച്ചാൽ ബ്രഹ്മപ്രകാരമായിരിക്കുന്ന ജീവസ്വരൂപം ഒരു ഇഷ്ടാദ്വീതകൾ പറയുന്നത് ഭക്തനവിടെ ചെല്ലുമ്പോ പോയി കട്ടിൽ കയറിയിരിക്കുമ്പോ നാരായണൻ ചോദിക്കുന്നു കോസി നീ ആരാണ് അപ്പോ ഭക്തൻ പറയുന്നു ബ്രഹ്മപ്രകാരോസ്മി ഇങ്ങനെ ഞാൻ ഈ പറയുന്ന വെച്ചിട്ടുള്ളതാണ് ഞാൻ ബ്രഹ്മപ്രകാരമാണ് അതിന് സിദ്ധാന്തം ശ്രീമന്ത് നാരായണന്റെ ശരീരമാണ് ജീവൻ പ്രധാന വിജയമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ രാമാന ഭാഷയിലും പറയുന്നു ബ്രഹ്മസൂത്ര ഭാഷയത്തിലൊക്കെ ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് അവസാന ഭാഗം വ്യാഖ്യാതകളും പറയുന്നു അത് ഉറപ്പായിട്ടു ഈ പറയുന്ന മുഴുവൻ അതിന് മുമ്പുണ്ടായിരുന്ന ആഗമങ്ങളുടെയും ആചാര്യന്മാരുടെയും ആശയങ്ങളെ രാമാനുചാച വിശദീകരിക്കുന്ന ഒന്നേ ഉള്ളൂ വൈഷ്ണവാഗമങ്ങൾ തുടർന്നു വരുന്നു ആശയങ്ങൾ രാമാനുജാചാര്യെ വിശദീകരിക്കുകയാണ് രാമാനുജാചാര്യെ സംബന്ധിച്ചിടത്തോളം അപ്രാമാണികമായി ഒന്നും പറയുന്നില്ല അപ്പൂർവാചാര്യന്മാർ പറയാത്തതായി ഒന്നും പറയുന്നു അതിന് ആഗമങ്ങൾ മാത്രമുള്ള പുരാണങ്ങൾ മഹാഭാരതം ഉപനിഷത്തുക്കൾ െല്ലാം വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ഇതിൻ്റെ ഇത് എങ്ങനെയാണോ ചോദിച്ചാൽ അത് വ്യാഖ്യാനം അവരവരുടെ വ്യാഖ്യാനമാണ് രാമാനുചാര്യങ്ങനെ വ്യാഖ്യാനിക്കും ശങ്കരാചാര്യ വ്യാഴി വ്യാഖ്യാനിക്കും പല ആശയങ്ങളും കിട്ടുന്ന വ്യാഖ്യാനത്തിലൂടെയാണ് അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള കാലയസാചന രീതിയിൽ പറയുന്നു ആഹ് മരിക്കുന്ന സമയത്ത് മനസ്സിനെ യാകാഗ്രമാക്കി ബാക്കി ഉത്തരായണ മാർഗം ദക്ഷിണായണ മാർഗം പറയും ഉത്തരായണ മാർഗത്തിലൂടെ ഇത് ഉപനിഷത്തിലും പറയുന്നു രാമാനുചാര്യം പറയുന്നത് ആ പോക്കം ഉത്തരായണ മാർഗത്തിലുള്ള ആ പോക്കം എന്ന് പറയുന്നത് മുക്തന്റെ പോക്കാണ് മുക്തനാണ് പോകുന്നത് ബാക്കിയെല്ലാം കറക്റ്റ് തന്നെ മുക്തനെ വഴിക്കൊക്കെ സഞ്ചരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു നദിയുണ്ട് ഒരു വൃക്ഷമുണ്ട് അതെല്ലാം കിടന്നു അവിടെ ചെല്ലുന്നു ചെല്ലുമ്പോൾ തന്റെ ഗുരു അവിടെ ഇരിക്കുന്നു ഗുരു സ്വീകരിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ ഇതൊക്കെ ഉപക്ഷേത്രങ്ങളിലുള്ളതന്നെ അത് മുക്തന്റെ യാത്രയായിട്ട് പറയുമ്പോൾ ശങ്കരാരന് പറയും അതൊക്കെ ഉപാസന കഴിയണം ഉപാസകന്റെ പോക്കാണ് രാമാൻ പറയുന്നു ഭക്തി എന്ന് പറയുന്നു ഉപാസന പക്ഷെ അവിടെ മുക്തരാകില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ ശങ്കരായ രാമാനുജാരൻ പറയും അത് തന്നെ മുക്ത എന്നെ തിരിച്ചു വരുന്നില്ല അത് തന്നെ മുക്തി ഇനി തിരിച്ചു വരുന്നില്ല എന്ന് നിർബന്ധമാണെങ്കിൽ ചന്ദ്രാൻ ഒരു ക്രമമുക്തിയാണ് തിരിച്ചു വരും ക്രമമുക്തി അവിടെ ചെന്നിട്ട് തന്നെ അവിടെ നിന്ന് മുൻ തരണം ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ എന്നുവെച്ചാൽ അവരവരുടെ സ്വന്തം കണ്ടെത്തലുകളോ അല്ലെങ്കിൽ അവരവരുടെ സമ്പ്രദായത്തിൻ്റെ കണ്ടെത്തലുകളോ ഒക്കെ ഈ സമ്പ്രദായം എന്ന് പറയുന്നത് സങ്കരായകർക്ക് അധികമൊന്നുമില്ല ആകെയുള്ളവർ മാണ്ഡത്യോപനിഷത്താണ് മാണ്ഡവ്യ കാര്യങ്ങൾ ഉപനിഷത്തുള്ള കാര്യങ്ങൾ വേറെ പഴയ സമ്പ്രദായം വരെ ഒന്നുമില്ല ബാക്കിയുള്ള സമ്പ്രദായത്തിലെ സങ്കരായരുടെ വ്യാഖ്യാനമാണ് മുഴുവൻ സിദ്ധാന്തം രാമാനുചാരിയൊക്കെ അങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നില്ല ഈ സിദ്ധാന്തത്തിന് വളരെ യോജിക്കുന്ന നമ്മളുള്ള യാമനാചാര്യരെ പറയുള്ള ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ധാരാളം അപ്പൊ സമ്പ്രദായം കൂടുതലുള്ളത് രാമാനുജാചാര്യം ശങ്കരാക്ക് അധികളുടെ സമ്പ്രദായമൊന്നും പിന്നെ എല്ലാ ശങ്കര വ്യാഖ്യാനിച്ച് എടുത്ത സമ്പ്രദായം പുരുഷത്തിനെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചും ഒക്കെ അതായത് പരമാത്മ സ്വരൂപത്തെ പ്രാപിക്കുന്നതെന്ന് വെച്ചാൽ ിഷ്ടാക്കിയതെന്ന് യോജിക്കുന്നു കാരണം പരമാത്മസ്വരൂപം എന്ന് പറയുന്നത് സ്ത്രീകൾ നാരായണൻ ആ നാരായണനെ പ്രാപിക്കും അതവിടെ ശിവനോ ദേവിയോ ഒന്നുമല്ല അതിനെ നോങ്ങിയിരിക്കും അവരൊക്കെ രാമാനുജന ദേവതകളായിട്ടല്ലേ പരമാത്മസ്വരൂപം നാരായണനാണ് ആ നാരായണനെ പ്രാപിക്കണം ചുരുക്കി പറഞ്ഞുള്ളത് അവിടെ ഭേദമുണ്ട് ഇത്ര കൂട്ടിച്ചേർത്താണ് അല്ല സ്വരൂപ പ്രാപ്തി എന്നു വരുന്നു നമ്മൾ പഠിച്ചിരിക്കുന്ന അദ്ദേഹം അനുസരിച്ച് തന്നെ അവിടെ അതില്ല എന്നുള്ളത് അവിടെ കട്ടിലുണ്ട് കട്ടിലിരിക്കുന്ന ആളുടെ അടുത്ത് പോയി ഇരിക്കുകയാണ് ആളുടെ അടുത്ത് മടിയിലെക്കുകയാണ് അതൊക്കെയാണ് സംഭവിക്കുന്നത് ചങ്ങരകാരൊക്കെ കട്ടിലും ഇല്ല എടുത്ത് പിടിച്ച് മടി വയ്ക്കുകയും ആളും ജീവിച്ചിരിക്കുന്ന ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പോ പരമാത്മ സ്വരൂപത്തെ പ്രാപിച്ചാൽ ഭേദമില്ല ഇത് ശങ്കരായും ഭേദമുണ്ട് ഇത് രാമായിത് ഇത്രയുള്ള വ്യത്യാസം നിങ്ങൾ ഗ്രാമാചാര്യ അവിടെ പോയി പഠിച്ചാലും ഇത് കൊണ്ടുവന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ി ഏത് സർവാസംശ സർവവംശത്തുകളും ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ് പിന്നെ ഈ മുക്തന്മാരുടെ ഭേദത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് പലതരത്തിലുള്ള മുക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അനന്തൻ ഗരുഡൻ ഇവരൊക്കെ നിത്യമുക്തന്മാരാണ് അവരൊരിക്കലും ബന്ധനത്തിൽ പക്ഷേ മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അവരിൽ തന്നെ പല വിവാഹം അതെല്ലാം പറയുന്നു അവിടെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നേരത്തെ വന്നുണ്ടോ അനന്തനും ആ ഒരു വേറെ അവരും ഒരിക്കലും അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമന്താരായണൻ നിത്യനാണ് എന്നും അവിടെയുണ്ട് അത് എപ്പോഴുമുണ്ട് കാലാഗീതനായിരിക്കണം അപ്പൊ അവിടെ ഈ ശ്രീമന്താരായണന്റെ വേണ്ടപ്പെട്ട കുറച്ചുപേരവിടെ വേണമെന്ന് കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഗരുഡനും അനന്തനും ഒക്കെ അവിടെ ഉണ്ടായതേ പറ്റും അത് വേറെ പിന്നെ മുക്തന്മാരായി സ്ഥിരയിരിക്കുന്നവരാണ് മുക്തജീവന്മാർ അത് വേറെ ബദ്ധന്മാരായിരുന്നിട്ട് മുക്തന്മാരായിരുന്നവർ വേറെ മുക്തന്മാർക്ക് ഒരുപാട് തരംതിരിവുണ്ട് ശങ്കരാരി പറയുന്ന ഒന്നും ഒരു വ്യത്യാസമല്ല മുക്തനെന്ന് വെച്ചാൽ ഒരേ ഒരാൾ ജ്ഞാനം കൊണ്ട് മുക്തി നേടിയും അല്ലാത്തവരൊന്നും മുക്തന്മാരല്ല അവരൊക്കെ മുക്തിയുടെ വഴിക്ക് സഞ്ചരിക്കുന്നവരാണ് ഇവിടെ മുക്തന്മാരിൽ ഫലരന്തിർതികരിതപ്രകാരേണ കർമ്മി വർത്തമാനസാവൃ നിർദ്ധൂതകൾ മനുഷ്യ തേ ബുദ്ധി യഥ മോഹകലിനം അത്യ അത്യൽപ്പലസംഗം മോഹരൂപം കലുഷം വിധിതരിഷ്യതി തൂവം അസ്മൃ ഇത പൂം തജ്യതയാത്ര ഫലദേഹേ ഇതം പശ്ചാത്തോതോയവേദം ഗണ്ടാസിഷ്യസി യുക്തപ്രകാരണ ഇതുവരെ പറഞ്ഞ രീതിയിൽ കർമ്മണിവർത്ത മനസ്സ്യം വെച്ചാൽ നേരത്തെ പറയുന്നു ബുദ്ധിയോഗ യുക്തനായി കർമ്മ പ്രവർത്തിക്കുന്നവൻ അനുത്തപ്രകാരിണ കർമ്മണിവർത്ത മനസ്യ തയാവൃത്തിയ ആ പ്രവൃത്തി കൊണ്ട് പ്രവൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തി ബുദ്ധിയോഗ യുക്തമായ പ്രവൃത്തി അതുകൊണ്ട് നിർദ്ധൂത കണ്ണസ് പാപനം നശിച്ചവൻ കർമ്മത്തിൻ്റെ ഉപനോദ അങ്ങനെയുള്ളവർ തേ അങ്ങനെയുള്ളവരുടെ അങ്ങനെയുള്ള നിന്റെ ബുദ്ധിഹി ബുദ്ധി എപ്പോഴാണോ യഥ തേ ബുദ്ധിഹി മോഹകലനം മോഹമാകുന്ന കാരുഷ്യം അതാണ് പറയുന്നത് അത്യൽപ്പലസംഗത്തിൽ അത്യൽപ്പമായ ക്ഷുദ്രമായ ഫലം ആ ഫലത്തോടോടുള്ള സംഘം രാഗം ഹേതുവായി വരുന്ന മോഹം ഫലത്തിനോടുള്ള രാഗം കൊണ്ടുവരുന്ന മോഹം ഫലരാഗം മോഹത്തെ സ്വർഗം എന്ന് പറയുന്ന പല അതിനുള്ള രാഗമുണ്ടായിക്കേണ്ടിയാണ് മോഹത്തിലുള്ള സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കും ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കത്തിൽ അതാണ് മോഹം അതാണ് ഫലരാഗം ഹേതുവായി വരുന്ന മോഹരോഗം ദോഷം മോഹമന് യഥാ തേ ബുദ്ധി വ്യതികരിഷ എപ്പോഴാണോ അതിനെ മറികടക്കുന്നത് തരണം ചെയ്യുന്നത് അപ്പോ കഥ അസ്മത് ഇതപൂർവം ത്യാജ്യദയാശരാതി എന്നിൽ നിന്ന് ഇരുന്നുമ്പ് നീ കേട്ട ത്യാജ്യമായി നീ കേട്ട ഫലാദിയുടെയും ഫലം ഇതെ പശ്ചാത്തലത്തിൽ ഇനി കേൾക്കേണ്ടതിന്റെ അതിനോട് ചേർന്നു കേട്ടതിന്റെയും കേട്ടതിന്റെ കേട്ടാതിന്റെ അതെവിടെ ഇന്നൽ നിന്ന് കേട്ടു എങ്ങനെ കേട്ടത് ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് കേട്ടതും നീ കേൾക്കേണ്ടതുമായ സ്വയമേ നിർവേദം ഗന്ധാസി വിമശസി അതിൽ നിന്നെല്ലാം സ്വയം നീ നിർവേദത്തെ പ്രാപിക്കുന്നു വിദഗ്ധനായി വരുന്നു ഗന്ധാസിന്ന് രണ്ടു വാക്കല്ല ുട്ടാണ് ഗന്ദാസിൽ ഗമിഷ്യസി എന്നേയ സംഘം ഉപാധേയ വൈതൃഷ്ണിയുടെ പരാമർശത്തിൽ ഉപേക്ഷിക്കേണ്ടതിയുള്ള രാഗം എന്താണോ നേടേണ്ടത് അതിനുള്ള വിരക്തി രണ്ടുമാണ് കൂടെ പറയുക അങ്ങനെ സ്വർഗമേസ്യ സ്വതസ് രണ്ടിലൊന്നും വേദത്തെ പ്രാപിക്കാൻ വേഗം എനിക്ക് പറയുന്നതാണ് അപ്പൊ എന്താണോ ഉപേക്ഷിക്കേണ്ട ഒരു മനസ്സിന് രാഗം വരുമല്ലോ സ്വർഗം ഉപേക്ഷിക്കേണ്ടാണ് പക്ഷേ അതിരാഗം വരും അതുപോലെ തന്നെ ഉപാധേയമായി തോന്നി അതിന് വൈരാഗ്യം വരണം നാനാ വിഷയങ്ങൾ വരാം ഉദാഹരണമായിട്ട് സ്വർഗത്തെ സ്വർഗം ഹേയമാണെങ്കിലും ഉപേക്ഷിക്കേണ്ടതാണെങ്കിലും അതിന് രാഗം വരും സ്വർഗം ഉപാധേയമാണെങ്കിലും അതിൽ വൈരാഗ്യം വരണം ഒരു വിഷയമല്ല പല രാജ്യസുഖം പല കാര്യങ്ങൾ ഇപ്പോ നിർവേദം നിങ്ങൾക്ക് വിരക്തി ഉണ്ടാകും അപ്പൊ നീ യുദ്ധം ചെയ്യുന്നത് രാജ്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ മരിച്ച സ്വർഗത്തിൽ പോകാൻ വേണ്ടിയോ ആയിരിക്കരുത് ഇതിനെയോ ഇതിൽ നിന്നെല്ലാം ഇരക്കി നേടാൻ വേണ്ടിയിട്ടാണ് എന്ന മുമ്പ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ തന്നെ മുമ്പ് അതൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ ഉപദേശിച്ചത് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് സ്വന്ത ദ്വാരം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാണ് അസ്മസഹ് ഇതൊക്കെതയാ ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതെല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയിട്ടാണ് സമത്വ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയുള്ള സുഖങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സമത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലായ കാലുഷ്യങ്ങളെല്ലാം മാറും അപ്പൊ നിനക്ക് മനസ്സിലാക്കുന്നു അവിടെ പ്രത്യേകം പറയുന്നു എന്നെ നിന്ന് കേട്ടതാണ് ശങ്കരായു പറയുന്നു ശ്രോത വേദത്തിൽ നിന്ന് കേൾക്കുന്ന എന്നിൽ നിന്നെന്നുള്ള അർത്ഥം പറയുന്നത് വേണമെങ്കിൽ ഇതിനെ അതിനോട് യോജിപ്പിക്കുക കാരണം എന്നിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാനാണ് വേദത്തെ പറഞ്ഞത് എന്നെ നിന്ന് കേട്ടതെന്ന് വെച്ചാൽ വേദത്തിൽ നിന്ന് കേട്ടത് എന്നു കേട്ടത് അപ്പൊ ഇവിടെ അങ്ങനെയെല്ലാം നേരിട്ട് എന്നിൽ നിന്ന് കേട്ട എന്ന് പറയും അവിടെ ഭഗവാന് പ്രാധാന്യമുണ്ട് മറ്റിടത്ത് വേദത്തിന് പ്രാധാന്യമുണ്ട് ഇവിടെ പറയുന്നത് വൈരാഗ്യത്തെക്കുറിച്ചാണ് നിന്റെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ കാലുഷ്യം ദോഷങ്ങളെല്ലാം മാറിക്കഴിഞ്ഞ് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാവും അങ്ങനെ വൈരാഗ്യം ഉണ്ടാകി വരുന്ന മനസ്സിലാണ് ഇനി പറയാൻ പോകുന്ന സ്ഥിതപ്രജ്ഞത തന്നെ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ഒരാളാണ് മുക്തിയെ പ്രാപിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് ഇതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമുണ്ട് രണ്ടുപേരും വ്യാഖ്യാനിച്ചിരിക്കുന്ന കുറഞ്ഞ ആത്മയാഥാർത്ഥ്യശേഷ സംസ്കൃത ലക്ഷഭൂതം യോഗാഖ്യം ഫലമാണ യോഗേന്ദ്രമാം സു ബുദ്ധി ആയുക്തോയാ കർമ്മബന്ധം പ്രകാസി നേരത്തെ പറഞ്ഞു യക്ഷാതെ അധിക സാങ്കേതി ബുദ്ധിന് യോഗെ തുമാശ അങ്ങനെ പറഞ്ഞു എന്താണ് യോഗത്തിൽ ഞാൻ പറയാൻ പോകുന്നത് നീ കേൾക്കൂ എന്ന് പറഞ്ഞ ഉപ്ത്യ എന്താണ് ആത്മയാഥാഗ്യ ജ്ഞാനപൂർവകസ് ബുദ്ധിവിശേഷ സംസ്കൃത ധർമ്മമാണ് ഇവിടെ രമാനചാര്യൻ എടുത്തു പറയുന്നത് കർമ്മയോഗം എന്ന് പറയുന്നത് ആത്മജ്ഞാനപൂർവകമായി ഇതാണ് ഇവിടെയാണ് ചങ്കരാചാരനുമായിട്ടുള്ള പ്രധാനമായ വ്യത്യാസം ശങ്കരാചന എന്താ പറയുന്നത് അത് ശരി എന്നാൽ ഈ പറയുന്നതുകൊണ്ട് ഈ പറയുന്നതിനുള്ള വൈരുദ്ധ്യം അല്ല ഈ പറയുന്നത് ശ്രദ്ധിക്കുക അത് നേരെ വിപരീതമാണ് ചില ആത്മയാഥാവിജ്ഞാനപൂർവസ് ബുദ്ധിവിശേഷ സംസ്കൃത ധർമാനുഷ്ഠം ആത്മജ്ഞാനപൂർവകമാണ് ധർമാനുഷ്ഠാനം സംഗ്രഹർ പറയുന്നത് എന്താണ് ആത്മജ്ഞാനപൂർവകമാണ് ധർമ്മത്യാഗം ഇതാണ് രണ്ടും നമ്മുടെ വ്യത്യാസം രാമായു കാര്യത്തിൽ പറയുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനമാണ് രാമാനുജാചാര്യരുടെ സിദ്ധാന്തമനുസരിച്ച് ജ്ഞാനമേ സ്വയം പ്രകാശം യഥാർത്ഥമാണ് അപ്പൊ ആർക്കും ഞാൻ എന്ന് പറയുന്നു ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനം തന്നെ എങ്ങനെയാണ് ആത്മാവിനെ കുറിച്ച് ശരിയായ ജ്ഞാനം ആത്മാവ് അണുവാണ് ഈശ്വരന്റെ പ്രകാരമാണ് ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനം അതാണ് ആത്മജാൻ ഇവിടെ പറയുന്ന വിശദീകരിക്കുന്ന ഈ ആത്മജ്ഞാനം യഥാർത്ഥ ആത്മാവ് ആത്മാവ് എന്ന് പറയുന്നത് ശരിയായ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ആത്മാവ് ഈശ്വരന്റെ വിശേഷണമാണെന്ന് പറയുന്നത് ശരിയായ ആപ്പഞ്ജാനമാണ് അപ്പൊ ആ പഞ്ചാനത്തോടുകൂടി വേണം ധർമ്മം ചെയ്യും അമ്മയും വംശവും ജീവനവും ഒക്കെ ജീവഭൂത സനാതന ജീവൻ എന്റെ ഒരു അംശമാണല്ല ഞാനല്ല ക്ഷേത്രജ്ഞം ചാപ്പി മാമ്പിത്യം ക്ഷേത്രജ്ഞനായിരിക്കുന്നു ഒരാളോ ഞാൻ എന്താ ഞാനെന്ന് പറഞ്ഞാൽ എന്താ ഏഹ് എന്റെ ശരീരം നമ്മൾ നമ്മുടെ ശരീരത്തുകൂടെ ചേർക്കുന്ന ഞാനെന്ന് പറയും ഞാനിവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ശരീരം അവിടെ ഇല്ലെന്നോ യഥാർത്ഥമായ ആത്മജ്ഞാനം ആ ആത്മജ്ഞാനത്തോടുകൂടി എന്ത് ചെയ്യണം ധർമ്മം ചെയ്യണം ബുദ്ധിവിശേഷ സംസ്കൃതധർമാനുഷ്ഠാന ലക്ഷ്യഭൂതം അല്ലെങ്കിൽ ലക്ഷ്യഭൂതം യോഗാഖ്യം ഫലം ആ അങ്ങനെയുള്ള ധർമാനുഷ്ഠാനം ഇവിടെ യുദ്ധമാണ് ധർമ്മം അതിന്റെ എന്താണ് യോഗാഖ്യം ഫലം സാമാനുജാ ഈ പറയുന്നതൊക്കെ ഗീതയിലെ വരികളുമായിട്ട് കൂടുതൽ യോജിക്കുന്നതാണ് നമ്മൾ ആദ്യം അദ്വൈതം പഠിച്ചു വച്ചുകൊണ്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായി മൊത്തം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഗീതയുടെ വരികളുടെ അർത്ഥമാണ് മുഴുവനും തന്നെയാണ് ഞാൻ പറയുന്നു കൂടുതൽ യോജിക്കുന്നു സർവകർമ്മമാണ് മനസ്സ സന്യസി സർവകർമ്മം കൂടി എങ്ങനെ സന്യസിക്കണം മനസ്സിനെ രാമാനുചാര്യത്തിൽ കൂടെ അദ്ദേഹം ശങ്കരാധ്യ എന്താ പറയുന്നത് കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കും ഏത് ജാതി ആയിച്ചും ത്യാഗം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് അതിനധികാരിയാണെങ്കിൽ എന്നാണ് അതിന്റെ പ്രത്യേകത ഇത് വ്യാമനാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് ഇവിടെ കരുതി കൊടുക്കുന്നത് വ്യക്തിയാത്മ അസംഗ കർമ്മേഹ ഗോചര സാങ്കയോഗതി ലക്ഷ തന്മോഹിസംഗതി ഈ പറയുന്ന രാമനാചാര്യന്റെ ഗിതാർത്ഥ ഓരോ പദ്യങ്ങളെയും മുൻനിർത്തിയാണ് രാമാനുചാരി മുഴുവൻ വ്യക്തം ആണ് ഇടപോലും മാറത്തില്ല ഒരു അധ്യായത്തിൽ എന്താണോ പറയുന്നത് അതെല്ലാം ഒന്നൂരുടെ പദ്യത്തിൽ രാമായനുചാരി എഴുതി വെച്ചിട്ടുണ്ട് അത് മനസ്സി വെച്ചുകൊണ്ട് മൊത്തം വ്യക്തി നിത്യ ആത്മ അസംഗേ ഗോചര നിത്യ ആത്മഗോചരമേഹ ഗോചരാ നിത്മഗോചരാഖ്യസംഗകർമ്മേഹാ ഗോചരാ യോഗ വ്യത്യാസം നിത്യാത്മഗോചനം നിത്യമായ ആത്മാവിനെ വിഷയമാക്കുന്നതാണെന്നുള്ളത് സാങ്കുദ്ധി സാങ്കേതി എല്ലാം പരസ്പരം സമാസന്റേതന്വയിച്ച് പറഞ്ഞിരിക്കുകയാണ് നിത്യമായ ആത്മാവിനെ ഗോചരമാക്കുന്നതാണ് സംഗീതി അസാഖ്യം എന്താണെന്നുള്ളത് അസംഘർമ്മീക അസംഖ്യമായ കർമ്മചേഷ്ഠ കർമാനുഷ്ഠാനം ഇഹ എന്ന ചേഷ്ട്രവൃത്തി അസംഗമായ കർമ്മ ഇഹ ഗോചനമാണ് യോഗത്തി യോഗബുദ്ധി അപ്പൊ ഇത് ശങ്കരാചാര്യ ഏകദേശം ചെയ്തുപോലെ തന്നെ പറയുന്നു ശരിക്കും എന്താണ് ആത്മജ്ഞാനം എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു രാമാനുചാര്യം പറയുന്ന എന്താണ് നിത്യമായ ആത്മാ ഗോചരമാകുമെന്നാണ് സാങ്കേതിക അത് തന്നെയാണ് പക്ഷേ ശങ്കരാരതാണോ ആണെന്നൊന്നും പറയത്തില്ല അങ്ങനെ പറയത്തില്ല അസംഘകർമ്മം അസംഘമായ കർമ്മം കർമ്മേകർമ്മ പ്രവൃത്തി അതിന്റെ ഗോചനമാണ് യോഗ തി കർമ്മയോഗി അത് ശങ്കരാരൂ ഈ രണ്ടു വിഷയങ്ങൾ ഈ രണ്ടു കാര്യങ്ങളും ദിജീയ രക്ഷാപ്രവർത്തനം പറഞ്ഞിരിക്കുന്നു സ്ഥിതപ്രജ്ഞാ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്നു കർമ്മയോഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു എല്ലാം സ്ഥിതപ്രജ്ഞയ്ക്ക് വേണ്ടിയിട്ടാണ് തന്മോഹശാന്തിയെ തസ് അർജുനന്റെ ോഹത്തിന്റെ ശാന്തിക്ക് വേണ്ടി പറഞ്ഞു ശങ്കരായും അർജുനെന്ന് പറയുന്നത് അർജുനന്റെ മോഹശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് പിന്നെ സിദ്ധാന്തങ്ങളിൽ വരുമ്പോ വ്യത്യാസമുണ്ടെങ്കിൽ പൊതുവായ ആശയമൊന്നാണ് സാങ്കിബുദ്ധി എന്ന് പറയുന്ന ആത്മജ്ഞാനമാണ് രണ്ടുപേരും പറഞ്ഞു യോഗബുദ്ധി എന്ന് പറയുന്നത് കർമ്മയോഗബുദ്ധിയാണ് ഇതെല്ലാം എന്താണ് സ്ഥിത പ്രജ്ഞയ്ക്ക് വേണ്ടിയിട്ടുണ്ടാവണം എന്തിനുവേണ്ടി അഗ്നിന്റെ മോഹശൂക്കുന്നതിന് വേണ്ടി എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനി വരണം ഇനി ഉടമകളത്ത് സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുന്നത് ശുദ്ധിക്ക് പ്രതിഫല്ലാത്ത യഥാസ്ഥാസ്യത സമാധോ അചലാബുദ്ധി സദാ യോഗ വ്യത്യാസങ്ങളുണ്ട് സമാധോ അചലാബുദ്ധി സമാധി സമാധി എന്ന് പറയുമ്പോൾ രാമാനുചാര്യവിടെ താല്പര്യമുള്ള സമാധിയെ അസ്മിൻ സമാധി മനസ്സ് ശങ്കരെന്ന് പറയുന്നുണ്ടോ അത് തന്നെ വേഗം സമാധിയുടെ അസ്മന് സമാധി ആത്മാവ് ഇതാണ് ഈ സിദ്ധാന്തങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് സിദ്ധാന്തങ്ങൾ അവരവരുടെ മനസ്സിലിരിക്കുന്നതെന്ന് പറയാനുള്ളത് ഞാൻ പറയാൻ കാരണം ഇതുകൊണ്ട് സിദ്ധാന്തങ്ങളൊക്കെ അവരവരുടെ ഇഷ്ടമാണെന്ന് പറയാൻ കാരണമോ അന്ന് ഗീലയിലുള്ളത് നൂറ് ശതമാനം ഗീലയിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഗീലുള്ള ഇഷ്ടമുണ്ട് കാരണം ഈ വ്യാഖ്യാനം തന്നെ എത്തുള്ളൂ സമഹം ആ ധാന്യങ്ങൾ ധാന്യധാരണ പോഷക പഠിച്ചിട്ടുള്ള ഭാവിയെ ആകർത്തിരിച്ച കാരകെ സത്യം വസേക്ക് ഹോക്കി കിപ്പറത്തെ വിരിച്ചു കഴിഞ്ഞ സമാധി ഈ സമാധി ശബ്ദത്തിന് കർത്തർ അർത്ഥം ഒഴികെ ബാക്കി എല്ലാ കാരണങ്ങളിലും മേഖല സമാധിയത് അനേന സമാധിയത് അസ്മാ സമാധിയത് അസ്മി സമാധാനം ഇതെല്ലാം എന്തർത്ഥം വേണോ പറയും ഇങ്ങനെയുള്ള വിൽപ്പത്തി കൂടാതെ തന്നെ ശബ്ദങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഒരു ശബ്ദത്തിന് പല അർത്ഥങ്ങളും അതുതന്നെ പൊതുവെ അങ്ങനെ കോശം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ശബ്ദത്തിൽ എത്ര അർത്ഥം വരെ പറയാം വിത്പത്തി വേണമെന്നൊന്നുമില്ല ലോകത്തിൽ പ്രചാരത്തിലിരിക്കുന്നു ഹരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനുന്നുണ്ട് ചന്ദ്രനെന്നുണ്ട് കോരങ്ങുന്നുണ്ട് വിത്പത്തി നോക്കിയിട്ടാണ് മഹാവിഷ്ണു നോക്കി അപ്പൊ അത് വിത്പത്തി ഒന്നും അനുസരിച്ചല്ല ലോകത്തിൽ അങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നു ശബ്ദങ്ങളാണെങ്കിലോ അതിലും പല അർത്ഥങ്ങൾ അപ്പോ ഇവിടെ വേഖാനി പറയും എന്തുകൊണ്ടിങ്ങനെ ഒരു അർത്ഥം പറയുന്നു ഒരു വാക്യത്തിന് യോജിക്കുന്ന അർത്ഥം പറയുന്നു ഇവിടെ ഒരു വാക്യമാണ് ഒരു വാക്യത്തിന് യോജിക്കുന്നവർ ചങ്കരായ പറയുന്നു സമാധി എന്ന് വെച്ചാൽ ആത്മാവ് രാമാനുചാര്യർ പറഞ്ഞു സമാധി എന്ന് പറഞ്ഞാൽ മനസ്സും ഇനി വേറെ ചിലർക്ക് വേണമെങ്കിൽ സമാധി എന്ന് പറഞ്ഞാൽ യോഗം യോഗ അങ്ങനെയും പറയും എന്തർത്ഥം വേണമെന്ന് പറഞ്ഞാൽ വിൽപ്പത്തിയിലൂടെ വ്യാഖ്യാനങ്ങളിലൂടെ ഇത്തരം ഉപനിഷത്തായാലും ഗീതയായാലും ബ്രഹ്മസൂത്രായാലും ആർക്കും അവരവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കും ഇത് എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ തീരുമാനിക്കുന്ന പണ്ഡിതന്മാർ പണി എന്തുകൊണ്ട് പറഞ്ഞു ഭാവിയെ ആകർത്തിച്ചിരിച്ച താരകെ സന്യായ കാരണം ഇതൊരു വിൽപ്പന്ന ശബ്ദമാണെങ്കിലും ഇത് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു അതിനേക്ക് അതിനൊരു നിയമം ഉണ്ടാക്കി തന്നെയുള്ളൂ ആണിനി അർത്ഥം ഉണ്ടാക്കിയതല്ല ചെയ്യും പല അർത്ഥങ്ങളൊന്നും ഈ വാക്യത്തിൽ ഇതിനെന്റെ അർത്ഥം എന്നൊരാൾ ഇതാണ് ഇതിന്റെ അർത്ഥം ശരിയായ അർത്ഥം എന്ന രാമാനുചാര്യെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് എന്ന് ശരിയായ ശങ്കരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് എന്ന് ശരിയായത് സിദ്ധാന്തങ്ങളൊക്കെ എവിടെയിരിക്കുന്നു അവരുടെ ഇഷ്ടത്തിന് അവരുടെ മനസ്സിന് ഈ സിദ്ധാന്തങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു അതുകൂടെ നമ്മൾ മനസ്സിലാവും എങ്ങനെ സിദ്ധാന്തങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നുണ്ടെന്ന് ഭാഷയുടെ വ്യാഖ്യാനത്തിനു അതിനൊരു വലിയ പങ്കുണ്ട് ഭാഷയുടെ വ്യാഖ്യാനം അത് ഉപനിഷത്തായാലും ഗീതയായാലും വരുമ്പസൂത്രകാലും ഭാഷയെ വ്യാഖ്യാനിച്ചിട്ടാണ് തത്വങ്ങൾ ഉണ്ടാക്കിയത് ഭാഷയാണ് അവിടെ പ്രാധാന്യം ഒരാളെ പണ്ഡിതൻ എന്ന് പറയുന്നത് തന്നെ തന്നെ അയാൾക്ക് മാത്രം അതാണ് മുഖ്യം ശാസ്ത്രപണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ഭാഷയിലയാൾക്ക് എത്രമാത്രം സ്വാധീനം പിന്നെയാണ് അയാൾക്ക് ഓരോരോ വിഷയങ്ങളിലൊക്കെ മാത്രം സ്വാധീനമെന്നും വരുന്നത് കാരണം എന്തെന്ന് വെച്ചു ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നതിനായ ഭാഷയിലുള്ള സ്വാധീനം മതി മറ്റ് ശാസ്ത്രങ്ങളിൽ മറ്റ് സിദ്ധാന്തങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതോടെ പ്രശ്നമല്ല എന്ത് പറഞ്ഞാലും ശരി തൻ്റെ ഭാഷാപാണ്ഡ്യത്തെ ഉപയോഗിച്ച് വ്യാഖ്യാനത്തിലൂടെ സ്വന്തം സിദ്ധാന്തത്തെ സമർപ്പിച്ചു പിന്നെ ഇതിനാദ്യങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് തർക്കം തർക്കം കൊണ്ട് അവരേക്ക് നിലമ്പരിച്ചത് അത് രണ്ടാമതേ ഉള്ളൂ തർക്കം അപ്പൊ ഭാഷയിലൂടെയാണ് സിദ്ധാന്തം അല്ലാതെ ഇത് ആരുടെയെങ്കിലും ഉള്ളിൽ ഒരു പൂവിരിഞ്ഞു വന്നതുപോലെ ഇങ്ങനെ വിരിഞ്ഞു വന്ന അനുഭൂതിയാണെന്നൊക്കെ പറയുള്ളു അതുപോലെ തള്ളല്ല നിങ്ങൾ എത്രമാത്രം ഭാഷാർത്ഥം പണ്ഡിറ്റുന്നതോ അതിനാണോ പ്രാധാന്യം ഒന്നാമത് ഒന്നതാണ് പിന്നെ രണ്ടാമത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും മറ്റ് ശാസ്ത്രങ്ങളുള്ളതും തർക്ക സാമർത്ഥ്യം പിന്നീട് അവർ അപ്പോൾ സിദ്ധാന്തങ്ങളെല്ലാം മുഖ്യമായിട്ടും ഭാഷ അർത്ഥമാണ് ഭാഷ കൊണ്ടൊക്കെ കളയുന്ന പ്രത്യേകിച്ച് ആരെങ്കിലും അനുഭൂതിയോ അങ്ങനെയൊന്നും ഉണ്ട് അതൊക്കെ ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാർ ശാസ്ത്രങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാർ പറയുന്നു അങ്ങനെ ഒരു സിദ്ധാന്തം ഈ പറയുന്ന പോരാചാര്യന്മാരും സമർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും ഭാഷയിലൂടെയും വാദപ്രതിവാദങ്ങളുണ്ട് അവരവരുടെ ബുദ്ധി സാമർത്ഥ്യത്തിലൂടെ അങ്ങ് എല്ലാ സിദ്ധാന്തങ്ങളും സമർപ്പിക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് പല സിദ്ധാന്തങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഒരാൾക്ക് നിങ്ങൾക്ക് ഭാഷാസ്വാധീനമുണ്ടോ നിങ്ങൾക്ക് ഏത് സിദ്ധാന്തവും വ്യക്തി ഞാൻ പറയുന്നത് സംസ്കൃതത്തിൻ്റെ കാര്യമാണ് ഏത് സിദ്ധാന്തവും വ്യാഖ്യാനിക്കും ഏത് സിദ്ധാന്തവും നിങ്ങൾക്ക് ശരിയെന്നും പറയാം സിദ്ധാന്തത്തിൽ തെറ്റെന്നും പറ രണ്ടിനും അന്നൊരു വലിയ സംഭവമാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു വാക്കിലും രണ്ടർത്ഥം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പിന്നെ നിങ്ങൾ ചോദി ഞങ്ങൾ വെള്ളത്തിലായോ പെരുവഴിയിലായോ അവനെന്താണ് സ്ഥലം അവനവന്റെ വിശ്വാസം എന്തായാലും ഈ ഭാഷാ കോലാഹാരങ്ങളിലോ തർക്കവിതർക്കങ്ങളിലോ ബുദ്ധിപ്രകടനങ്ങളിലോ ഒന്നും അതിലൂടെയൊക്കെ കടന്നു പോവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല അതിന് കഴിവുള്ളവരത് കേട്ടു അവനവന്റെ എന്താണോ വിശ്വാസം അതിനെ പിന്തുടരുക ാണ് ഇതിന്റെ ഷോർട്ട് കട്ട് പിന്നെ മറ്റേത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് മാത്രം സൂപ്പർ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നോക്കും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നെടുത്ത് കാശ് എല്ലാം വാങ്ങാൻ പറ്റുമോ അതിനുള്ള കാശുണ്ടോ ചിലപ്പോൾ പലരുന്നോടും ഇഷ്ടം തോന്നുന്നെങ്കിൽ പറ്റില്ല ഇഷ്ടമുള്ള കാശ് പുറത്ത് വാങ്ങി അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ഇഷ്ടം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശ്വാസത്തിൽ ആണ് അപ്പം മനുഷ്യന്റെ വിശ്വാസത്തിനാണ് പ്രാധാന്യം ആത്മീയതയേതായാലും ശരി ദർശനങ്ങളിലായാലും ശരി ഇത്തരം ശാസ്ത്രങ്ങളിലായാലും ശരി നൂറ് ശതമാനം ഉറപ്പിച്ചവരെ ഇതിൽ മനുഷ്യന്റെ വിശ്വാസത്തിനപ്പുറം ഒന്നും തന്നെ നൂറ് ശതമാനം ഇതിനുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് ഇനി വിശ്വാസത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും അല്ലാതെ ഇതിനകത്ത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല മനുഷ്യന്റെ പാണ്ഡിത്വമോ അറിവോ ബുദ്ധി സാമർത്ഥ്യമോ ഒന്നും ഇത് തീർപ്പ് കൽപ്പിക്കട്ടില്ല വിശ്വാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ലോക എന്ന് പറയുന്നത് എന്താണ് അവരെ വിശ്വാസത്തിലാണ് മുമ്പോട്ട് മനുഷ്യൻ വിശ്വാസ മനസ്സാണ് അതുകൊണ്ട് മനുഷ്യർ ആ വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ടേ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് വിശേഷം ആ വിശ്വാസത്തിന്റെ സ്വാധീനം മറ്റ് വിഷയങ്ങളിലും കാണാം ഇതിൽ മാത്രമല്ല അതുകൊണ്ടിവിടെ പറഞ്ഞ് സമാധി എന്ന് പറയുന്ന സ്വർത്തത്തെ കുറിച്ചിട്ട് രണ്ടും രണ്ട് രീതിയിലാർത്ഥം പറയുന്നത് അതിന് വ്യാഖ്യാനം ഇവിടെ മുതൽ അങ്ങോട്ട് സ്ഥിതപ്രജ്ഞ ഇതും തുടങ്ങിയാണ് അതുകൊണ്ടത് വിശദമായി വയ്ക്കാനിരിക്കേണ്ടത്